ം പതിനെട്ട് അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കുടുക്കുവെക്കും ബുദ്ധിവെപ്പിൻ പിന്നെ നമുക്ക് സംസാരിക്കാം ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായി തോന്നുന്നതും എന്ത് കോപത്തിൽ തന്നെത്താൻ കടിച്ചു കയറുന്നവനെ നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരണമോ പാറ അതിന്റെ സ്ഥലം വിട്ടുമാറണമോ ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും അവന്റെ അഗ്നിജ്വാല പ്രകാശിക്കയില്ല അവന്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും അവന്റെ ദീപം കെട്ടുപോകും അവൻ ചുറുക്കോടെ കാലടിവെക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും അവന്റെ സ്വന്ത അവനെ തള്ളിയിടും അവന്റെ കാൽ വലയിൽ കുടുങ്ങിപ്പോകും അവൻ കണിയൻമീതെ നടക്കും പാശം അവന്റെ കുതികാലിന് പിടിക്കും അവൻ കുടുക്കിൽ അകപ്പെടും അവന് നിലത്ത് കുരുക്ക് മറച്ചുവെക്കും പാതയിൽ വല ഒളിച്ചുവെക്കും ചുറ്റിലും കോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കും അവന്റെ കാലുകളെ തുടർന്ന് അവനെ വേട്ടയാടും അവന്റെ അനർത്ഥം വിശന്നിരിക്കുന്നു വിപത്ത് അവന്റെ അരികെ ഒരുങ്ങിനിൽക്കുന്നു അത് അവന്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും മരണത്തിന്റെ കടിഞ്ഞൂൽ അവന്റെ അവയവങ്ങളെ തിന്നുകളയും അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ വേർപറിഞ്ഞു പോകും ഘോര രാജാവിന്റെ അവനെ കൊണ്ടുപോകും അവന് ഒന്നുമാകാത്തവർ അവന്റെ കൂടാരത്തിൽ വസിക്കും അവന്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും കീഴെ അവന്റെ വേർ ഉണങ്ങിപ്പോകും മേലെ അവന്റെ കൊമ്പ് വാടിപ്പോകും അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചുപോകും തെരുവീഥിയിൽ അവന്റെ പേർ ഇല്ലാതാകും അവനെ വെളിച്ചത്തുനിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചുകളയും സ്വജനത്തിൽ അവന് പുത്രനോ പൌത്രനോ ഇല്ലാതിരിക്കും അവന്റെ പാർപ്പിടം അന്യനുപോകും പശ്ചിമവാസികൾ അവന്റെ ദിവസം കണ്ട് വിസ്മയിക്കും പൂർവ്വദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും നീതികെട്ടവന്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു ദൈവത്തെ അറിയാത്തവന്റെ ഇടം ഈ വണ്ണം തന്നെ